ജടരുപണ തടവ തരംഗ തരണാസ്ഫാനം ജടരൂപണം ഓഘേ തടക്കി ദുക്ഷേത ബ്രഹ്മൻ സംബോധിക്കുന്നു തരംഗ തരളാസ്നാണ് ഇളകുന്ന തരംഗങ്ങൾ അതുകൊണ്ട് ആസ്ഥാനമായിരന് സ്ഫുര സ്ഫുരദീർഘല്യം സൂര്യഭാഗത്തിന്റെ ഉകാരത്തിനാകാരം വിസ്തൃതവും പ്രസ്തുതമായ വൃത്തികളോടുകൂടിയ തീരുമാനങ്ങളോടോടുകൂടിയ വിസ്തൃതമായി സ്ഥിതി ചെയ്യുന്നതായ ജഡലാം ചേതസ് ജഡമായ ചിത്തം ജഡമെന്ന് പറയുന്നത് മനസ്സ് സാധാരണ ഭൗതികമായിട്ടുകൊണ്ട് ജഡവും ഉണ്ടായിരുന്നു പിന്നെ ജഡവെന്ന് പറയാൻ ഒരു കാരണം അതിന് വിവേകം ഇല്ലാതെ ചിത്രത്തെങ്ങനെ വിവേകം പോലും അല്ലെങ്കിൽ ചിത്രത്തെ ഏതാനും വിവേകം അതും വിവേകമെന്ന് പറയുന്നത് ചിത്രത്തിന്റെ ധർമ്മമാണ് ജഡത്വം എന്ന് പറയുന്നത് ജഡമായി ചിത്രം വളരെ മൂഢമായി ചിത്തം ചിന്താ ശേഷിയില്ലാതി ചിത്രത്തിന് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് ജഡം എന്ന് പറയുന്നത് ആ നല്ല രീതിയിൽ വിവേകം അതല്ല അത് ഇവിടെ ചിന്തിക്കുന്നുണ്ടെന്ന് പക്ഷെ വിവേകം അതെല്ലാം ചെയ്യും കണ്ണൂർ ഇവിടെ ഇപ്പൊ പറയുന്ന അനുസരിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതും മനസ്സ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് മനസ്സ് പ്രശ്നമെന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തി പക്ഷെ ആ പരിഹാരത്തിന് വേണ്ടിയുള്ള സഹായം ഇവിടെ പുറത്തുനിന്ന് കിട്ടും ബ്രഹ്മൻ എന്ന് പറയും വസിഷ്ഠനിൽ നിന്ന് കിട്ടും ഉപദേശരൂപത്തിൽ നിന്ന് കിട്ടും അതായത് അത് രാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തോടെ ഒരു സാധാരണകാരനല്ലോ ഇത്രയൊക്കെ ചിന്തിക്കാൻ കഴിയുള്ള ആള് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ആ പ്രശ്നങ്ങളെ തിരിച്ചറിയുന്ന ഒരു വിവേകമുണ്ട് മാസം ഉദ്ദേശിക്കുന്നു പതിനെട്ട് ദിവസം പതിനെട്ടാമത്തെ ദിവസം എന്ത് സംഭവിക്കുന്നു ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ള ആള് പതിനെട്ടാമത്തെ ദിവസം എന്ത് സംഭവിക്കുന്നു സമാധിയില് പ്രവേശിച്ചു അങ്ങനെ വസംസ്കൃത ഉപദേശങ്ങൾ ഭരദ്വാജൻ വാൽമീകിയോട് യോഗിക്കും പതിനെട്ട് ദിവസം കൊണ്ട് രാവിലെ സമാധി എത്താപ്പു ഇത്രയൊക്കെ അവ വാൽമീകി പറയും ഭരദ്വാജ വാൽമീകി രാമൻ സ്പെഷ്യലാണ് നീ വിചാരിച്ചത് എന്ന് ഭരദ്വാജനോട് പറയും നീ പിന്നെ എന്തു ചെയ്യണം നീ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് രാമനെ പോലെ നിനക്ക് ഈ പതിനെട്ട് ദിവസം കൊണ്ടൊന്നും സാധിക്കും അപ്പോ രാമൻ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ രാമൻ പതിനെട്ട് ദിവസം കൊണ്ട് സമാധി പ്രാപിച്ചു എന്നു മാത്ര നേരത്തെ പറഞ്ഞു പൂന് ഷോഡശ വർഷവും പിതാവ് വിവാഹം ആലോചന നടത്തുന്ന സമയമാണ് പതിനാല് വയസ്സ് കഴിഞ്ഞ് അനന്വാണി രാമന്റെയും തീർത്ഥയാത്രയും വിചാരങ്ങളും എല്ലാം വരും അവിടെ രാമൻ ഹമായും പ്രാപിച്ചു അങ്ങനെ എന്ത് പിന്നീട് അവിടെ പറയുന്നത് അവസാനം പറയുന്നത് മിനി വ്യാധോപാഖ്യ അവസാന കഥയെ മുഴുവൻ കഥകളാണ് ഭാവനാരൂപത്തിലുള്ള കഥകൾ അവിടെ പറയുന്നത് രാമജനകനെ ജീവിച്ച ജനകന്റെ പ്രത്യേകത എന്താണ് ആ രാജ്യം ഭരിച്ചതെന്ന് മാത്രമല്ല മിഥിലായ പ്രതീപ്തായത്യതെന്ന് പറഞ്ഞാലും മുഴുവൻ കത്തിയിരിഞ്ഞാലും എന്റേതായ ഒന്നും ഇവിടെ എരിയാനില്ല എന്ന് പറഞ്ഞാൽ നിസ്സംഗതായ കുറിച്ച് പറഞ്ഞാണ് എനിക്ക് എന്റേതായ ഇല്ല എന്ന് പറഞ്ഞിട്ട് രാജ്യം ഭരിച്ചാണെന്നാണ് ഗ്രഹസ്ഥാശ്രമീന്നാണ് അതുപോലെ ായി രാമൻ രാജ്യം ഭരിച്ചത് അവാ വാൽമീകിയുടെ രാമൻ അല്ലെങ്കിൽ രാമൻ പേരെയാണ് അവിടത്തെ രാമൻ എന്ന് പറയുന്നത് മൊത്തം കൺഫ്യൂഷനിൽ ജീവിക്കുന്നതാണ് ഒരുപാട് സംശയങ്ങളൊക്കെ ഉള്ളതാണ് അത് ഞാൻ പറഞ്ഞ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നില്ല അങ്ങനെയാണ് അവിടെ എഴുതി വിടെയാളെന്താണോ ഇവിടെ രാമന് ഒരാളെ ഉപദേശിക്കുന്നു ഉപദേശം ഏറ്റവും പതിനു ദിവസം കൊണ്ട് രാമനാരുന്നു ജനകനായി അവിടെ എങ്ങനെയല്ല രാമന് നാട്ടുകാരെല്ലാം ഉപദേശിക്കണോ എന്തിനു അനിയ ലക്ഷ്മണൻ പോലും പലപ്പോഴും ഉപദേശിക്കും കേട്ട അനിക്കലിനെ പോകാൻ ശരിയാവത്തി ഇവിടെ അങ്ങനെയല്ല ഒറ്റയാളുടെ ഉപദേശം പതിനെട്ട് ദിവസം ശ്രദ്ധ തേടുന്ന ആൾ ജനകനായി ആണ് രണ്ടു തമ്മിന്റെ വ്യത്യാസം അപ്പോ പതിനെട്ട് ദിവസം കൊണ്ട് ഇങ്ങനെ മാറിയ ആളാണ് ഇവിടെ തുടക്കത്തിൽ ഇങ്ങനെയും പറയും ഇത്രയും വലിയ മനസ്സിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരാൾ മാറാം എന്നുള്ള അപ്പോ ഈ ജുകുട്ടിയായിരിക്കുന്ന ചേതസ് അങ്ങനെയാണോ തരംഗ തള്ളാസ്കാലമൃക്തി ഇത് പറയുന്നത് മൊത്തത്തിൽ നദിയുടെ ഒഴിക്കിനെ കുറിച്ചു തരംഗങ്ങളാണ് അത് സദാ എഴുതി മറിഞ്ഞുകൊണ്ടിരിക്കും അത് വളരെ വിസ്തൃതമായിരിക്കും മഴക്കാലത്ത് ഉള്ള ഒരു നദി ഇവിടെ ഓക്കേനൊഴുമുണ്ട് തടവൃക്ഷ അതിൻ്റെ തീരത്തേക്കുന്ന ഒരു വൃക്ഷം എങ്ങനെയാണോ അടിയോടെ മറിഞ്ഞു േരറ്റുപോ അതുപോലെ ബ്രഹ്മൻ ചെയ്ത സഹ നി മനസ്സ് എന്നെ അടിമറിച്ചിരിക്കുക മനസ്സ് എന്റെ മനസ്സ് കടപുഴുകിയിരിക്കുക എങ്ങനെയാണോ നദീന്റെ ഒഴുക്കിൽ പെട്ട് വൃക്ഷ പറഞ്ഞിളകി ആ ഒഴുക്കിൽപ്പെട്ടു പോകുന്നു അതുപോലെ അപ്പോൾ ആ വൃക്ഷത്തെ ഇത് കാണുമ്പോ ഈ മഴക്കാലത്തേ വിശേഷിച്ചു നിന്ന് ആന പിടിച്ചാൽ അനങ്ങാത്ത വലിയ വലിയ വൃക്ഷങ്ങൾ ഞാൻ തളിയതല്ല ഇത്രയും വലിയ വൃക്ഷങ്ങൾ ഒന്നു രണ്ടുമല്ല നൂറുകണക്കിന് വൃക്ഷങ്ങളിങ്ങനെ ഒഴുകിവരുന്നതാണ് ഒരു തടസ്സവും കൂടെ അപ്പൊ അതുപോലെ തന്നെ എന്നെ ഒഴുകിക്കൊണ്ടുപോവുകയാണ് ശീത ഭസ്മി എന്ന് പറഞ്ഞാൽ എന്നെ ഒഴുകിക്കൊണ്ടുപോവുകയാണ് എനിക്കൊരിടത്തും പിടി കിട്ടുന്നില്ല ഉറയ്ക്കാൻ പറ്റുന്നില്ല ഇതിന് മറ്റൊരു ഉദാഹരണത്തിൽ കൂടെ പറയും അവാന്തര നിപാതായി ൂന്യവ ഭ്രമണായ ചണ്ടാളിന്റെ ചണ്ട അനിലേവീ തോസ് വീണ്ടും മനസ്സിന്റെ കഠോര വൃത്തിയത്തെ കുറിച്ച് പറയും എങ്ങനെ അവാന്തരനിപാതായ ശൂന്യെ ഭ്രമണായവ കൊടങ്കാറ്റടിക്കുമ്പോൾ ആ കുടങ്കാറ്റിൽ തൃണ്ണം പുല്ലുകൾ ഉണങ്ങിയ പുല്ലുകൾ ഉയർന്നു പോവും അതിനെല്ലാം സംഭവിക്കുന്നു ഒന്നുകിൽ ആ കൊടങ്കാറ്റ് ആ പുല്ലിന്റെ കൊണ്ട് വേഗമെടുത്തിടും എന്ന ചുഴലിക്കാറ്റിൽ ഈ പുല്ല് ആകാശത്തിങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങണം എവിടെ പോകുന്നു നമുക്കറിയാൻ പറ്റില്ല അതെവിടെയെങ്കിലും കൊണ്ടുപോകും അപ്പോ അതിനോടൊപ്പം പറയുന്നത് ചണ്ടാനിലൻ കൊടുങ്ക ചുഴലിക്കാറ്റ് കൃണം ചണ്ട അനിലേന കൃണമുള്ള എങ്ങനെയാണോ ഒരു ചുഴലിക്കാറ്റ് പുല്ലിനെ അവാന്തര വിഭാഗമായ വഴിയിലെവിടെയെങ്കിലും കൊണ്ടു കളയാ പോകുന്ന പോക്കിൽ അത് എവിടെയെങ്കിലും ഒട്ടിച്ച് പോകും ആ പുല്ലിന് അല്ലെങ്കിൽ ശൂന്യ ഭ്രമണായ ശൂന്യൂടെ ആകാശം ശൂന്യ ആകാശം അവിടെ ഇങ്ങനെ കറങ്ങി കിടക്കുന്നത് കറങ്ങുക കറക്കുന്നതിന് വീട്ടൊണ്ടുപോവുകയാണ് അതുപോലെ ചേതസ് ദൂരയിൽ എന്റെ മനസ്സ് കൊണ്ട് ഞാൻ ഇവിടെ രണ്ടത്തും പറയുകയെന്ന് മുമ്പ് പറയുകയെന്നോണ്ടാണോ മനസ് എവിടെയൊക്കെ കൊണ്ടുപോകും അപ്പൊ ഈ കൊണ്ടുപോകുന്നത് ആരെയാണ് കൊണ്ടുപോകുന്നത് ആ വ്യക്തി മനസ്സാണ് ഈ വ്യക്തിയെന്നു പറയും വ്യക്തി മനസ്സല്ല മനസ്സിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് മനസ്സ് തന്നെ കൊണ്ടുപോവുകയാണ് എല്ലാ ഭാഗത്തും നിൽക്കുന്നു മനസ്സല്ല ഈ പരാതി പറയുന്നതും മനസ്സ് തന്നെ കൊണ്ടുപോകുന്നതും മനസ്സ് തന്നെ ഇത് വാസ്തു തന്നെ പറയും മനോമയം ഇതും സർവം മൊത്തം ഇത് മനോമയമാണ് ആത്മാവിനെ കുറിച്ച് എല്ലാം പറഞ്ഞാലും വ്യവഹാരം പ്രവൃത്തി ചിന്ത മനുഷ്യന്റെ ബന്ധം മോക്ഷം ഈ മണ്ഡലങ്ങളിലെല്ലാം നിൽക്കുന്ന ഒരേ ഒരു സാധനമേ മനസ്സാകുന്നു നിർഗുണമായി ഇരിക്കയി അതൊന്നും ഇടപെടുന്നില്ല മനസ്സ് എന്നെ തന്നെ വന്നുപോവുകയാണ് അവിടെ താൻ എന്നൊരു വ്യക്തിയൊരു മനസ്സ് അപ്പോ അതെ ചിന്ത എന്ന് പറയുമ്പോൾ മനസ്സാണ് ചിന്ത എന്ന് പറയുമ്പോൾ മനസ്സാണ് അതിനെ നമ്മൾ ഒരുപാട് പരക്കി പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പലതും പറയാം ഒറ്റവാക്കി പറഞ്ഞ മനസ്സാണ് നീ ആരാണ് മനസ്സാണ് ഞാനാരാണ് മനസ്സാണ് നമ്മുടെ അനുഭവത്തിൽ മനസ്സിനും പിന്നെ ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മുടെ അനുഭവത്തിനപ്പുറമുള്ള കാര്യം പറയുക നമുക്ക് പിടിയില്ലാത്ത കാര്യം പറയുകയാണ് നമ്മളുടെ പിടിയിൽ വരുന്നത് കേവലം മനസ്സ് മാത്രം അതാണിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും ചിലപ്പോൾ അത് കളയും അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇങ്ങനെ കറങ്ങിക്കറങ്ങിക്കൊണ്ടുവന്നിട്ട സ്ഥലമാണ് ആ ശ്രമം തോന്നുന്നത് ഇനി ഇത് ഇവിടെ നിന്ന് ഇറക്കി അവിടെ കൊണ്ട് കളയുമെന്ന് അറിയാൻ പറ്റും ഇത് നമ്മൾ വിചാരിക്കുമോ എന്റെ തീരുമാനമാണ് എന്റെ ഇച്ഛാശക്തി ഞാനെല്ലാം ഉപേക്ഷിച്ച് വന്നതാണ് അതൊക്കെ തന്റെ തീരുമാനം കൂടി പൗരുഷത്തെ കുറിച്ചൊക്കെ ഒരുപാട് പറയും അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് ശരിയാണോ ഭാഗികമായി പൂർണ്ണമായും ശരിയില്ല എന്തുകൊണ്ട് എന്റെ തീരുമാനം വെച്ചാൽ ആരുടെ തീരുമാനം മനസ്സിന്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന മനസ്സാണ് നമ്മുടെ മനസ്സിൽ നിന്ന് വേറിട്ടൊരു ഞാനില്ല തീരുമാനം എടുക്കാൻ ഏ മനസ്സാണെന്ന് അറിഞ്ഞാൽ പ്രശ്നം തീർന്നു എന്റെ തീരുമാനം വെച്ചാൽ മനസ്സിന്റെ തീരുമാനം ഞാൻ മനസ്സുകറി അത് മനസ്സാണെന്നേ ഞാൻ പറയുന്നുള്ളൂ അതിൽ കൂടുതലൊന്നും പറയുന്നു മനസ്സിനമ്പുറം ഒന്നുമില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നില്ല എന്റെ തീരുമാനവും ഞാനിവിടെ വന്ന എന്റെ തീരുമാനമാണ് ഈ ആരാ നീ ആരാ തീരുമാനിച്ചത് മനസ്സാണ് വേറെന്താ തീരുമാനമെടുക്കാം ശരിയെടുക്കുന്നതും മനസ്സെന്നല്ല തെറ്റെടുക്കുന്നതും മനസ്സെന്നല്ല തീരുമാനം എടുക്കാതെ പുഴഞ്ഞു കിടക്കുന്നതും മനസ്സ് തന്നെ മനസ്സല്ല ഞാനാണ് തീരുമാനം എടുക്കുന്നതെന്ന് പറയുന്നതും മനസ്സ് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നതും മനസ്സിലെ ഉത്തരം പറയുന്നതും മനസ്സ് അത് മനസ്സ് ഏത് ചോദ്യത്തിനും ഒരു ഉത്തരവേ മനസ്സ് അല്ലെങ്കിൽ വേറൊരു ഉത്തരം നിങ്ങൾ മനസ്സാണോ അല്ലേ എന്ന് നോക്കതിനെക്കുറിച്ച് ചിന്തിക്കാം മനസ്സല്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ എന്താണ് ദ്രമം അത് മനസ്സിനു ബാക്കിനൊക്കെ അപ്പുറമാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊരു കാര്യമില്ല നിത്യശുദ്ധ ബുദ്ധമുക്തമെന്നാണ് നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത് അതിപ്പോഴും അങ്ങനെ തന്നെ അതിനു മാറ്റമൊന്നും വന്നിട്ടില്ല അതൊന്നിനും ഇടപെടുന്നില്ല ഇടപെട്ടാൽ പോയി അത് മനസ്സായി അതോടൊപ്പം പറഞ്ഞ് നമ്മളാദ്യ ജഗത് ക്ഷീണം തസ്മിൻ സത് ജഗത്രയം ഈ ലോകം എന്ന് പറയുന്നത് എന്താണ് മനസ്സും ലോകമുണ്ട് അതിനപ്പുറം എന്തോ ഉണ്ടെന്ന് അതാണ് കാര്യങ്ങൾ ഭ്രമിക്കുകയാണ് ഭ്രമിക്കുന്നു മനസ്സ് ഇവിടെ ഇനി വരുമ്പോൾ പറയും മനസ്സ് എന്ന മായ മനസ്സ് എന്നാ എന്നും ഇനി പറയും അതിനപ്പുറം ആർക്കെങ്കിലും ചിന്തിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എനിക്ക് കേട്ടാ കൊള്ളാം ആ മത്സരം ബ്രഹ്മം എന്നും അത് പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണോ അതിന് ഇടപെടലില്ല അപ്പൊ ഇടപെടലും നടത്തത്തില്ല ഗുണനിരാകാരം മുക്തമായിരിക്കും എന്നും നമുക്കതിന് സ്വപ്നം കൊണ്ട് നടക്കാം ഏ മനസ് തന്നെ അത് ജീവിക്കുന്നു മനസ്സ് തന്നെ മനസ്സിനെ അതിജീവിക്കുന്നു എന്താണ് മനസ്സേ മനസ്സുകൊണ്ട് ഏതാഭ്യാസവും നടക്കും അത് ഇവിടെ നമ്മൾ മനസ്സെന്ന് പറയുമ്പോൾ മനസ്സ് ബുദ്ധി ചിത്തം അങ്കാരും ഇങ്ങനെ ഇവിടെ ചേർത്തെടുക്കണം അന്തഃക്കരണം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് മറ്റതിന്റെ വൃത്തിഭേദങ്ങളെ കുറിച്ച് പറയുക സന്ദർഭമനുസരിച്ച് അർത്ഥം മനസ്സിലാക്കുക അതിന് വളരെ വ്യക്തമാണ് ഈ രണ്ട് ഉദാഹരണങ്ങളും അത് വളരെ വ്യക്തമാണ് കാരണം കാറ്റ് കൊണ്ടുപോകുന്നിടത്ത് പുല്ലിന് യാതൊരു നിയന്ത്രണമില്ല മനസ്സിൽ തന്നെ കൊണ്ടുപോകുന്നിടത്ത് തനിക്ക് യാതൊരു നിയന്ത്രണമില്ല എല്ലാ കൺട്രോളും മനസ്സിലായില്ല മരത്തിന് ചോട്ടോറെ ചുവട്ട് പറിച്ചു ഈ നദി കൊണ്ടുപോകുമ്പോൾ മരത്തിന് പൊടിച്ചിരിക്കാൻ ഒരു ധനമായ വേരുകളൊക്കെ ഉണ്ട് പക്ഷേ അതെല്ലാം പറഞ്ഞു ൊഴുക്കപ്പെട്ടു അതൊക്കെ ഉദാഹരണങ്ങളിൽ എന്താണ് അത് നമ്മളെപ്പോഴും ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം ഒരു ഒരു സിദ്ധാന്തത്തെ അതാണ് കഴിഞ്ഞ ഞാൻ പറഞ്ഞ നിങ്ങൾ ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങളെ വിശദീകരിച്ചാൽ അബദ്ധം വരും അപ്പൊ എന്നോട് തിരിച്ചും ചോദിക്കാം ഇപ്പൊ പറയുന്ന ഉദാഹരണം ഉദാഹരണങ്ങളിലൂടെ തന്നെ ഇവിടെ വിശദീകരിക്കുന്നു രണ്ടും തമ്മിലും കാര്യമായ വ്യത്യാസം എന്താണ് ഇവിടെ വിശദീകരിക്കുന്ന ഉദാഹരണങ്ങളിലൂടെയാണ് പുല്ലെന്നു ഉണങ്ങിയ പുല്ലെന്നും മരം എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് കാര്യം ചെയ്യേണ്ടത് രണ്ടും തമ്മിലെന്താ വ്യത്യാസം അത് ഉദാഹരണം പറയുന്നത് ഞാൻ പറഞ്ഞു ഉദാഹരണങ്ങളിലൂടെ നിങ്ങളും കാര്യങ്ങളെ വിശദീകരിക്കരുതാണ് ഉദാഹരണത്തെ അംഗീകരിച്ചാൽ നോക്കാം മറ്റേത് പറയുന്നത് ഫാൾസ് അനോളജി എന്ന് പറയും ഫാൾസ് അനോളജി അതൊരു ഫാരസിയാണ് അത് മറ്റൊരു വിഷയമാണ് ഇവിടെ പറയുന്ന അതല്ല അങ്ങനെ പഴ്സണോളജി എന്ന് പറയുന്നത് ആണ് നമ്മൾ സാറിന് പ്രയോഗിക്കുന്നത് എപ്പോഴും അത് എന്താണ് ഡിബേറ്റുകളിലൊക്കെ നമ്മൾ പോയി പറയുമ്പോ മൂടന്മാരുടെ പറയുമ്പോഴല്ല നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന ആള് പറയുന്നതാണ് നിങ്ങൾ പറഞ്ഞ ഫാൾസ് അനോളജിയാണെന്ന് പറഞ്ഞു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് മൊബൈൽ ഫോൺ എന്താണെന്ന് അറിയില്ല മൊബൈൽ ഫോൺ എന്താണെന്ന് ചോദിക്കുക അതറിയില്ല ഒരാധികാണെന്ന് കരുതുക അപ്പൊ അയാളോട് പറയാനുള്ള മൊബൈൽ ഫോൺന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം പോലെയാണെന്ന് പറയും എന്താ അങ്ങനെ പറയാൻ കാരണം പറഞ്ഞത് യുക്തിയുണ്ട് അതൊരു ഉദാഹരണം തന്നെയാണ് പറയാൻ കാരണം ഏത്തപ്പഴെന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ ഉള്ളിൽ ഒതുക്കി വെക്കാം മൊബൈൽ ഫോൺ എന്ത് ചെയ്യാം അപ്പൊ ആ പറഞ്ഞ ശരി എന്താ അടുപ്പാൽ ഈ ഒരു അംശത്തിലൊഴികെ വേറെ ഒരിടത്തും അത് യോജിക്കത്തില്ല ഈ എന്താണോ കയ്യിൽ ഒതുക്കാമെന്ന് പറയുന്നത് അതാണ് മൊബൈൽ മൊബൈലൊന്നൊഴിഞ്ഞാൽ കൊണ്ടു തുടങ്ങാൻ പറ്റില്ല കയ്യിൽ ഒതുക്കാം ആ ഭാഗത്ത് അതൊക്കെ ഉപയോഗിക്കും പക്ഷെ വേറെ ഒരു കാര്യത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ മൊബൈലിൽ മാറ്റാന് സാമ്യത ഉണ്ടോ അപ്പൊ ഒരു സാമ്യത കൊണ്ട് ഒരേ ഒരു സാമ്യത ഉള്ളതുകൊണ്ട് നമ്മളൊരിക്കലും അങ്ങനെ ഉദാഹരണമായിട്ട് എടുക്കാൻ പാടില്ല പിന്നെ വേണം വളരെയധികം സാമ്യത വേണം എന്നാലും നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാൻ പാടും അപ്പൊ ഈ പ്രശ്നങ്ങൾ ഇവിടെ വരും അതുകൊണ്ടാണ് ഇവിടെ ഉദാഹരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഉപ്പമ മറ്റൊന്ന് ഉദാഹരണം രണ്ടു കൂടെ വ്യത്യാസം ഒന്നാണ് കൂടെ പഠിച്ചിട്ടുള്ളതാണ് ഉപ്പമയെ കുറിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ടെങ്കിലും ഉദാഹരണങ്ങളെ കുറിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ട് ആ കറക്റ്റ് സാദൃശ്യപ്പെടുത്തുന്നത് ഉപ്പമ്മ ഉപ്പമ്മ എന്ന് വെച്ചാൽ ഒരു സാദൃശ്യത്തിലൂടെ മനസ്സിലാക്കുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മൊബൈൽ ഫോൺ എങ്ങനെ ഇരിക്കുന്ന ചോദിച്ചോ സാദൃശ്യത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും അത് ഏറ്റപ്പോഴാണ് പക്ഷെ അത് ഉപമു ശരിയാവും അത് പിന്നെ പ്രയോഗിക്കാം ഇവിടെ സാഹിത്യത്തിൽ പ്രയോഗിക്കാം പല പല പല പലതരത്തിലുള്ള ഹോമമാണ് പലതരത്തിൽ അതിൻ്റെ എന്താണ് അലങ്കാരികമായ പ്രയോഗങ്ങൾ വരുന്നിടത്ത് നമുക്ക് സാഹിത്യത്തിൽ ധാരാളം ഓർമ്മകളാണ് പലതരത്തിലുള്ള ചന്ദ്രൈവമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപമേയപമാണ് അവിടെ പറയും തിരിച്ചു പറയുകയാണെങ്കിൽ എന്താണ് മുഖം ഇവ ചന്ദ്ര എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതോ ഉപമയുടെ ഒരു ഭേദമാണ് പ്രദീപം പ്രദീപ അലങ്കാരം പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ചന്ദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉത്പ്രേക്ഷ ബദ്ധം പറയല്ലേ ചന്ദ്രൻ ദേവ എന്ന് പറഞ്ഞാല് മലയാളം സാറായിരുന്നു അവരട് ഇത്ര അബദ്ധങ്ങളൊക്കെ പറയും മറ്റേ സന്ദേഹം ഉദ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് സന്ദേഹം സന്ദേഹ രണ്ട് രണ്ട് സംശയം സന്ദേഹമോ മുഖ മുഖം മുഖമേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം മുഖയുവ എന്ന് പറഞ്ഞാൽ അനന്മ അനന്മയാണ് സ്കൂളിൽ പഠിച്ചാണ് അവിടെയും ദൃഷ്ടാന്തമുണ്ട് എന്താണ് നിശിചന്ദ്ര ഭൂവി മുഖം എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തമായി ഇങ്ങനെ നിരവധി സാഹിത്യങ്ങളിൽ നിരവധി ഉപമകളും വെയ്ക്കും പക്ഷെ അവിടെ ആ ഒരു ം എന്നുള്ളതെങ്കിൽ അതൊക്കെ സ്വീകരിക്കും എന്ത് ഭക്ഷണം അപഹനവും ഇങ്ങനെ ഒരുപാട് അല്പം അതിന് ആ പ്രയോഗത്തിൽ ഒരു ചെറിയ ചെറിയ മാറ്റം വരുത്തു കഴിഞ്ഞാൽ അലങ്കാരങ്ങളെല്ലാം മാറും അർത്ഥം മാറും നമ്മുടെ എന്താണ് അതിന്റെ ആശയങ്ങളൊക്കെ മാറും അതിന് രസത്തോടും മറ്റും ബന്ധിപ്പിച്ചും പലതരത്തിലുള്ള ആശയങ്ങൾ അങ്ങനെ സാഹിത്യ ചർച്ചകളൊക്കെ വരുന്നതാണ് സാഹിത്യ ദർപ്പണം അതുപോലെയുള്ള കൃതികളെല്ലാവരും ചർച്ച ചെയ്യും അപ്പം സാഹിത്യത്തിൽ അത് ഉപയോഗിക്കും പക്ഷെ നമ്മൾ തത്വം അത്ര പറയുമ്പോൾ ഒരു നിയമം ഉള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന നിയമമാണ് നിങ്ങൾ പ്രമാണസിദ്ധമായ ഒരു തത്വം വിശദീകരിക്കാൻ ഉപയോഗിക്കുക മറിച്ച് ഉപമകളിലൂടെയോ ദൃഷ്ടാന്തങ്ങളിലൂടെയോ ഒരു തത്വത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കരുത് അബദ്ധമാകുന്നു ഇവിടെയൊക്കെ എന്താണ് ഈ പറയുന്ന മനസ്സിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു പ്രമാണസിദ്ധമായ കാര്യം അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഉപമകൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ദൃഷ്ടാന്തം ഉപയോഗിക്കാം ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ അലങ്കാരങ്ങളെ ദൃഷ്ടാന്തം എവിടെയാണ് ഉപയോഗിക്കുന്നത് വ്യാപ്തി നിശ്ചയിക്കുന്നത് യഥാ മഹാനസുറിഞ്ഞവിടെ എന്താണ് യുക്തിക്ക് വേണ്ടിയിട്ടാണ് മറ്റേ ആലങ്കാരികമായ ബോധത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം സഹൃദയന്മാരെ സന്തോഷിപ്പിക്കാൻ ഇതങ്ങനെയല്ല അവിടെ യുക്തിയാണ് പ്രവർത്തിക്കുന്നത് യഥാ മഹാനസുന്ന് പറഞ്ഞാൽ എന്ത് പ്രയോഗിക്കുന്നു അനന്ത പേര് അന്യവേദിര അന്യവേദിരായുക്തിക്ക് വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തങ്ങൾ പറയുന്നത് ഉപകാര ഉപയോഗം ഏറെയാണ് അപ്പോ ഇവിടെ നമ്മൾ ഉപമ്മകളിലൂടെ ഒരു കാര്യം വിശദീകരിക്കുമ്പോൾ പ്രമാണസിദ്ധമായ ഒരു തത്വത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഈ അധികാസായനുസരിച്ച് ഉദാഹരണങ്ങളും ഉപമകളും ഒക്കെ ഉപയോഗിക്കുക അതാണ് ഞാൻ ഗോവിന്ദ സ്വാമിയുടെ ഉദാഹരണമൊക്കെ പറഞ്ഞത് കൂടെ ഞാൻ പറയുന്നത് എന്താണ് ഗ്രന്ഥപരമായ ഒരു തത്വത്തെയാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു തത്വത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ ഉദാഹരണങ്ങൾ അങ്ങനെ എനിക്ക് സ്വാതന്ത്ര്യം തിരിച്ച് ഉദാഹരണത്തിലൂടെ തത്വത്തെ സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ അത് പ്രമാണസിദ്ധമായ കാര്യമല്ല പ്രമാണസിദ്ധെന്ന് പറയുമ്പോൾ പ്രത്യേക അനുമാനം ശബ്ദം കുറഞ്ഞത് ഈ നാല് പ്രമാണങ്ങളിലൂടെ എങ്കിലും ശ്രദ്ധിക്കുന്ന കാര്യമായി ആ പ്രമാണങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യത്തെ വിശദീകരിക്കാൻ വേണ്ടിട്ട് എനിക്ക് എന്തു ചെയ്യാം ഉപമങ്ങളും കിട്ടാമെന്ന മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം മറിച്ച് ഞാൻ ഉപമകൾ പറഞ്ഞിട്ടൊരു സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ ശ്രമിച്ചത് അബദ്ധമായിരുന്നു അതിന് വേറെ നമ്മൾ ധാരാളം പരിചയമുള്ള ബ്രഹ്മസത്യം ജഗന്മെത്തി അനുദാഹരണം പറയുന്നതാണ് രജ്ജി സർപ്പം രജിസർപ്പം എന്ന് വെച്ചാൽ ഉദാഹരണത്തെ വച്ചുകൊണ്ട് നിങ്ങൾ ബ്രഹ്മസത്യം ജഗന്മിക്കുന്നത് സമർത്ഥിക്കാൻ ശ്രമിച്ച അത് അബദ്ധമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ എന്തു ചെയ്യണം ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന പ്രമാണത്തിലൂടെ ശ്രദ്ധിക്കണം ഏത് പ്രമാണത്തിലൂടെ ഏതാണ് ശ്രുതി വേറെ പ്രമാണമൊന്നുമില്ല ഏ അത് ശ്രുതി മൂലകമായി ശ്രുതി മതസ്ഥർക്കോനുസന്ധിയതാം ശ്രുതി മാത്രമേ പ്രമാണമായി ശ്രുതിയെ സഹായിക്കുന്നാണെന്ത് കേട്ടില്ല രക്ഷണാർത്ഥം എന്തായാലും അപ്പൊ എന്ത് ചെയ്യുന്നു ശ്രുതി പറയുന്ന പ്രമാണത്തിലൂടെ സിദ്ധമാകുന്നു ധർമ്മസത്യം ജഗന്നീത ഇതിനെ വിശദീകരിക്കുന്നതിനു വേണ്ടി മാത്രമാണ് എന്തുപറയുന്നത് ലൗകികന്യായ അങ്ങനെ ഒരു ന്യായത്തെ കൊണ്ടുവന്നിട്ട് അവരെ വിശദീകരിക്കുന്നു അത് ശരിയാണ് കാരണം എന്തുകൊണ്ട് അത് പ്രമാണസിദ്ധമായ കാര്യമാണ് തിരിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താണോ നിങ്ങളൊരു ലൗകികമായ രജസർപ്പ ന്യായത്തെ കുറിച്ച് അതിനുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ബ്രഹ്മസത്യം ജഗത് മിഥ്യ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ അബദ്ധവും എന്തുകൊണ്ടത് എന്താണെന്ന് വരുന്നത് അതായത് നിങ്ങളൊരു ന്യായം പറയുമ്പോ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് വിപരീതമായൊരു ന്യായം അതി കാണും മറുപക്ഷാധികം സർപ്പമിത്യാണ് അതുകൊണ്ട് ബ്രഹ്മസത്യമാണ് പ്രപഞ്ചാൽ നിങ്ങളോട് സംസാരിക്കുന്ന ആണ് പറയും അത് ശരിയാണ് എന്തുകൊണ്ട് ഈ രജ്ജു സർപ്പ എന്ന പ്രപഞ്ചത്തിൽ എന്ന പ്രപഞ്ചാനുഭവത്തിലുണ്ട് ഈ പ്രപഞ്ചാനുഭവത്തിൽ നമ്മൾ കാണുന്ന എന്താണ് രജ്ജിസ്പ്രമം ഉണ്ടാവുന്നു ഭ്രമം മാറിപ്പോകുന്നു രജ്ജും സത്യമാണ് അതുപോലെ ഈ പ്രപഞ്ചത്തിൽ പല ഭ്രമങ്ങളും ഉണ്ടാകുന്നു ആ ഭ്രമങ്ങളെല്ലാം എത്തിയാണ് രജ്ജു പോലെ ഈ പ്രപഞ്ചം സത്യമാണ് എന്താ കൊടുക്കും അപ്പൊ നമ്മൾ എന്തർത്ഥമാണോ സമർത്ഥിക്കാൻ ശ്രമിച്ചതിന്റെ നേരിയത അർത്ഥം പറയും ഇത് തന്നെയാണ് കാര്ക്കിയന്മാരും മറ്റും പറയുന്നതും ദൈതികളും മറ്റും പറയുന്നതും നമ്മുടെ എല്ലാ ഇവിടെ ഉണ്ടാകില്ല പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ സർപ്പം വിദ്യയാണെന്ന് ഇവിടെ ബോധിച്ചു പ്രപഞ്ചത്തിൽ കയറ സത്യമാണെന്ന് ഇവിടെ ബോധിച്ചത് പ്രപഞ്ചത്തിൽ അപ്പോ ഈ പ്രപഞ്ചം കയറിന്റെ സ്ഥാനത്താണ് <old> your <mind's> your <well> ോ മറ്റതങ്ങ് മറന്നു കളയോ ഏത് ബ്രഹ്മസത്യം നിലനിൽക്കിയത് നമ്മൾ ഇതുവരെ ദർശനിച്ചും മറന്നു കളയാണ് നമ്മളിപ്പം രജിസ്റ്റർ പ്രതിഷ്ടാന്തത്തിലൂടെ ബ്രഹ്മസത്യം ചിലനിൽക്കുന്നത് സമർപ്പിക്കാൻ പോവുകയാണ് അത് പ്രപഞ്ചത്തിലാണെന്നാ പറയും രജവും പ്രപഞ്ചത്തിലാണ് നിങ്ങൾക്ക് ബ്രഹ്മത്തെവിടെ ഉദാഹരണമായി കൊണ്ടുവരാൻ പറ്റും മനസ്സ് മനോമോചനമായി ബ്രഹ്മത്തെ നിങ്ങൾക്ക് ഉദാഹരണമായി കൊണ്ടുവരാൻ പറ്റില്ല നിങ്ങൾക്ക് ഉദാഹരണം എവിടെ എടുക്കാൻ പറ്റുമോ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ മിഥ്യുണ്ട് ഈ ഉദാഹരണം ശരിയാവും പ്രപഞ്ചത്തിൽ എന്തുണ്ട് സത്യമായ രജുവുണ്ട് നിത്യായ സർപ്പമുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ സത്യമായ രജ്ജുവിനെ എടുത്ത് നിങ്ങളെ ഈ സിദ്ധാന്തം പറയുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ പ്രപഞ്ചവും സത്യമൊന്നും സമർത്ഥിക്കാം മറ്റത് സാധിക്കാത്തല്ല എന്തുകൊണ്ട് രജു ഒരിക്കലും അതിന് ഈ പറയുന്ന ബ്രഹ്മം ശുദ്ധിമാ സിദ്ധമാണെന്ന് പ്രത്യേക അതിന് വേറെ ഒരു മനസ്സിലായ വ്യത്യാസം ധൈര്യമായിട്ട് ചോദിക്കും പേടിക്കില്ല ചോദ്യം ധൈര്യമായിട്ട് ചോദിക്കും പറ്റുമെങ്കിൽ വാദിച്ചു നോക്കുക പറ്റുമെങ്കിൽ എന്നെ പരാജയപ്പെടുത്തുക ഒരു പ്രശ്നം എനിക്കാരെങ്കിലും വാദിക്കാൻ വേണം മനസ്സിലാകാൻ വേണ്ടിയാണ് ചോദിച്ചു എന്താണ് പ്രശ്നം എന്താണെന്ന് തോന്നി അതെ ഞാൻ പറയുന്ന ആദ്യം എന്ത് ചെയ്യണം ഞാൻ പറയുന്ന ഒരു പുതിയ കാര്യമാണെങ്കിൽ ആദ്യം സമയമെടുത്ത് അതിനകത്ത് ചിന്തിച്ച് മനസ്സിലാക്കും എന്തായി പറഞ്ഞത് അത് ചിലപ്പം വേണ്ടിയൊരു പുതിയ ശേഷം പിന്നെ ചോദിച്ചു മനസ്സിലാക്കുന്നു ചോദിച്ചാലും പിന്നെ അങ്ങോട്ട് നമുക്ക് കർപ്പിക്ക സമയങ്ങളായി ശരിക്കും മനസ്സിലാക്കി രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കും ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നതിന് പ്രപഞ്ചത്തിൽ നിന്നേ ഉദാഹരണം കൊടുക്കാൻ പറ്റും ആ ഉദാഹരണം എടുത്ത് നിങ്ങൾ പ്രപഞ്ചമിഥ്യാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഉദാഹരണത്തിൽ നിന്ന് പ്രപഞ്ച സത്യമാണെന്ന് അറിയിക്കാനാണ് ഈ പറയുന്നത് കാരണം രണ്ടും പ്രപഞ്ചത്തിലാണ് ഇനി ബ്രഹ്മം അതിന് പ്രപഞ്ചത്തെ ഉദാഹരണം കിട്ടും പിന്നെ ബ്രഹ്മം എങ്ങനെ സിദ്ധമായി ശ്രുതി സിദ്ധമാണ് വേറെ അതിനു പ്രമാണോ ആണോ അതിന് എന്താണ് അത് നിഷ്ടാന്തുകൊണ്ട് കിട്ടത്തില്ല പ്രപഞ്ചത്തിൽ നിന്ന് വേറെ എന്ന് പറഞ്ഞാൽ ശ്രുതിയിലേക്ക് നോക്കും ശ്രുതിയിൽ നിന്ന് ബ്രഹ്മത്തെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഉദാഹരണം ഉപയോഗിക്കാം ഈ ഉദാഹരണത്തിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തെ മിഥ്യയാണെന്ന് സമർത്ഥിക്കുകയാണെങ്കിൽ ഇതേ ഉദാഹരണം കൊണ്ട് പ്രപഞ്ച സത്യമാണെന്ന് സമർത്ഥിക്കും ബ്രഹ്മം നിങ്ങൾക്ക് മറ്റൊരു പ്രമാണത്തിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ മുമ്പിൽ പ്രപഞ്ചമേയോ ബ്രഹ്മമില്ല പ്രപഞ്ചമേയോ ഈ ഉദാഹരണം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ബ്രഹ്മ സത്യമാണ് സിദ്ധിക്കുന്നത് ഏത് ബ്രഹ്മം പ്രപഞ്ചത്തിന് പുറത്തുള്ള ബ്രഹ്മത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ ഒരേ ഒരു വഴിയുള്ളൂ എന്താണ് അതിലൂടെ ആദ്യം ബ്രഹ്മത്തെ സിദ്ധിക്കണം സിദ്ധമായ ഒന്നാണ് ഉദാഹരണം അത് ശ്രുതിയോ വേറെ ഒരു പ്രമാണവും അദ്വീതികൾ സ്വീകരിക്കുന്നു പ്രപഞ്ചത്തെ സത്യമായി സ്വീകരിക്കുന്ന അദ്വൈതികൾ ഒഴികെ മിക്കവാറും എല്ലാവരും അത് അംഗീകരിച്ചിരിക്കുന്നവര് ബൗദ്ധൻ ഒഴികെയും ബാക്കിയെല്ലാവരും എന്താണ് പ്രപഞ്ച സത്യമാണ് അവര് പ്രമാണമായി സ്വീകരിക്കുന്ന പ്രത്യക്ഷം അത് പ്രത്യക്ഷ സിദ്ധമാണ് അതിന് പ്രത്യക്ഷ ശുദ്ധമാണ് ഇതൊക്കെ സത്യമാണെന്നുള്ളത് സത്യത്വ ബുദ്ധിയാണ് അവരെല്ലാം ശുദ്ധി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധിക്കിങ്ങനെ ഒരു വ്യാഖ്യാനം അവർ സ്വീകരിക്കുന്നു ബ്രഹ്മസത്യം ജഗന് വയ്ക്കാം ഇത് വ്യാഖ്യാനമാണല്ലോ ശുദ്ധി എന്ന് പറയുന്നത് വ്യാഖ്യാനമാണ് അദ്വീതിയുടെ വ്യാഖ്യാനമാണ് ജഗത് വയ്ക്കുക അതവർ സ്വീകരിക്കുന്നത് അംഗീകരിക്കുന്നത് അത് നിങ്ങളുടെ ഭാവനവിലാസമാണെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് അവരുടെ പക്ഷത്തുനിന്ന് ഞാൻ പറയുന്നു അവർ പറയുന്നത് നിങ്ങൾ പറയുമ്പോ ബ്രഹ്മം നിത്യശുദ്ധ ബുദ്ധ മുക്തമാണ് ഈ ജഗത്തിനാധാരമാണ് നിർവികാരമാണ് നിർഗുണമാണ് നിരാകാരമാണ് പൊക്കാണ് പോണാണ് ഇതൊക്കെ പറയുന്നു ഇങ്ങനെ സാധനം ജഗത്തിനാധാരമായി ഇത് നിങ്ങൾ തന്നെ പറയുന്നു എന്താണ് അത് മനസ്സിനും വാക്കിലും വിഷയമല്ല മനസ്സിനും വാക്കുകളിൽ വിഷയമല്ല ഇന്നത്തെ അവിടെ യൂട്യൂബ് സാധ്യമാണെന്ന് പറയുന്ന പോലെ എന്താണ് അത് നോൺ ഡുവൽ കോൺഷ്യസ്നെസ് ഒന്നുമല്ല അതൊന്നും അദ്വീതമാണ് മനസ്സിലായ അത് മനസ്സിനും വാക്കിലൊന്നും വിഷയമല്ല എന്നൊന്നാണ് ഇതാണ് നമുക്ക് അങ്ങനെയുള്ള ഒന്നിനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഒരു സങ്കല്പം അല്ലെങ്കിൽ വിശ്വാസം അതിനപ്പുറം എന്താണ് മനസ്സിനെത്താത്തോണ്ട് ഒന്ന് ഈ പറയുന്നു ഒരു ഗ്രാമം പറയുന്നത് മനസ്സിന് എത്താത്ത ഒന്ന് ഉണ്ടെന്ന് മനസ്സ് പറയും മനസ്സുകൊണ്ട് പറയും വാക്കിന് വിഷയമല്ലാത്ത ഒന്നുണ്ടെന്ന് വാക്കുകൊണ്ട് പറയും അപ്പോ എന്താ പറയുന്നത് എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ ആ നിഷേധത്തിന്റെ അവധ്യായം ഉണ്ടെന്ന് എന്ത് പറയുന്നു നിങ്ങൾ ഒരു യുക്തി കൊണ്ട് പറയും ആ യുക്തിക്ക് യുക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് വേണം യുക്തി പറയണമെങ്കിൽ നിഷ്ഠാന്തം വേണം നിങ്ങൾ എന്ത് നിഷ്ഠാന്തം പറയും ഏ അനുഭവം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അത് മനസ്സിന് വിഷയമാവും അപ്പൊ മനസ്സിന് വിഷയം എന്താന്ന് പറയാം ആ എന്ത് പറയുന്നത് പറഞ്ഞവിടെ നിർത്തിയാണ് ഇഷ്ടോപ്പാണ് അതങ്ങനെ അനുഭവമാകും അനുഭവമായ മനസ്സിന് വിഷയമായില്ലേ മനസ്സിന് വിഷയമാകുന്ന ഒന്നിനെ ഞാൻ അനുഭവിച്ചതെന്ന് പറഞ്ഞ് അതൊരു തലൊരു സിദ്ധാന്തമാണ് അത് മനസ്സാ പറയുന്നത് മനസ്സ് പ്രവർത്തിക്കാതിരുന്നപ്പോൾ ഞാൻ ഉണ്ടായതെന്ന് മനസ്സ് പറയുകയാണ് അത് മനസ്സിന്റെ വിഷയമാണ് നിങ്ങളീ പറയും നിങ്ങൾ പറയുന്നത് മനസ്സിന്റെ വിഷയം നിങ്ങള് മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് മനസ്സിന്റെ ആവിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് അവഷയമായിരിക്കും നിങ്ങളെങ്ങനെ മനസ്സുകൊണ്ട് പറയും ആ ബോധം മനസ്സിലായി നോൺ ഡുവൽ കോൺഷ്യസ്നെസ് എന്ന് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബോധമാണ് മനസ്സാണ് അത് നമ്മൾ അറിയുന്നതാണ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അങ്ങനെ ബോധശൂന്യനായിപ്പോ ഇത് ജീവനെ എതിർക്കുന്നവർ പറയുന്ന അങ്ങനെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് കേവലൊരു അഭ്യൂഹമാണ് അങ്ങനെ നിങ്ങൾ പറയുകയാണ് നിങ്ങൾ സങ്കല്പിക്കുകയാണ് ഒരു സങ്കല്പം മാത്രമാണ് അങ്ങനെ സമർത്ഥിക്കാൻ കഴിയത്തില്ല എന്താണ് സർവധർമ്മ വിവർജിതമായൊരു തത്വം സർവഗുണരഹിതമായൊരു തത്വം അതിൽ അത് നിരാധാരമാണ് അത് മറ്റൊന്നിനും ആധാരമല്ല ഇങ്ങനെ എന്താണ് കേവലം നിഷേധിച്ചും നിഷേധിച്ചും നിഷേധിച്ചും ശേഷിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മാത്രമാണ് അങ്ങനെ ഒന്ന് ശേഷിക്കും ശേഷിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു നിർബന്ധ ബുദ്ധിയാണ് അദ്വൈതമെന്ന് പറയുന്ന കേവലം ഒരു വാശിയും ഒരു നിർബന്ധമാണ് നേര് നേര് നേര് നിഷേധിച്ചു കഴിഞ്ഞ അവസാനം ഒന്നുണ്ടെന്ന് മനസ്സിൽ സമ്മതിക്കാം നിഷേധിച്ചു കഴിഞ്ഞാൽ എന്താ സാധനം എന്ത് കൂട്ടത്തേക്കെയാണ് അത് ഏ അത് തന്നെ സമ്മതിക്കണമെങ്കിൽ അതെന്താണെന്നൂടെ പറയൂ സമ്മതിക്കാം നിങ്ങളെന്താണെന്നത് പറയുന്നു അവരെ നമ്മൾ വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല പിന്നെ എന്താ മനസ്സിന് വിഷയമുണ്ട് പിന്നെ എന്താ നിങ്ങൾ ഈ പറയുന്നത് ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമായി ഏ അത് വ്യാകാരം മനസ്സ് പ്രവർത്തിക്കാത്തവർക്ക് ഞാൻ അനുഭവിച്ചത് സാമാന്യ വിദ്യ ഉള്ള ആരെങ്കിലും സ്വീകരിക്കുന്നു പിന്നെ ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾ വാക്കുകൊണ്ടല്ലേ പറയുന്നത് നിങ്ങളുടെ വാക്കിന് വിഷയമായി നിങ്ങള് ഈ വാരകോടി എന്ന് പറയുന്നത് എന്താണ് ആൾക്കാരെ കണ്ണിൽ കോടിയിൽ കണ്ടിട്ട് അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നവര് അതൊന്നും ആരും നിഷേധിക്കുന്നില്ല മനസ്സിലുണ്ട് ബുദ്ധിയുണ്ട് അഹങ്കാരമുണ്ട് ഒക്കെ വെച്ചുകൊണ്ട് ഇതെല്ലാം നിങ്ങളെല്ലാം അംഗീകരിക്കുന്നു ഇതെല്ലാം അംഗീകരിക്കാം നമ്മളീ പറയുകയെല്ലാം നിങ്ങൾ പറയുന്നത് സർവകാര്യം അംഗീകരിക്കാം പക്ഷെ നിങ്ങൾ അവസാനം കൊണ്ട് പറഞ്ഞ് നിർത്തുന്നില്ലേ അത് നിങ്ങളെങ്ങനെ സമർത്ഥിക്കും അതാണ് പറഞ്ഞാൽ നമ്മൾ അത് സമർത്ഥിക്കണം എങ്ങനെ സമർത്ഥിക്കും പിന്നെ പറയുന്നു നിഷേധാകും നിഷേധാവധി എന്ന് പറയുന്നത് ശരിയാണ് എവിടെ ശരിയാകും നിങ്ങൾ രജുവിന് സർപ്പത്വം നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് കാണും രജ്ജുവാണ് നിഷേധാവധി അതാണ് അത്തരം ഉദാഹരണങ്ങളിലൂടെയല്ല നിങ്ങൾ സമർത്ഥിക്കുന്നത് എന്താണ് പ്രാപഞ്ചികമായ യാഥാർത്ഥ്യങ്ങളെ സമർത്ഥിക്കുന്നു പ്രാപഞ്ചികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ നിഷേധ അവധിയായി എടുത്തു കാണിക്കാം അത് എല്ലാ എന്തായാലും മനസ്സിനും ബാക്കിലും എല്ലാം വിഷയമാകുന്ന സത്യങ്ങളാണ് ഏ എന്താ പറയുന്നത് മനസ്സുകൊണ്ടറിയുന്നതെല്ലാം വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് പറയുന്നതെല്ലാം വാക്കുകൊണ്ടറിയാം എന്ന് പറയുന്നതിന് ദോഷമില്ല പക്ഷെ അതിന് ദോഷം വരും എങ്ങനെ പറഞ്ഞാല് ഞങ്ങള് ദോഷം വരുന്നു മനസ്സുകൊണ്ട് അറിയില്ല എല്ലാത്തിനും വാക്കുകൊണ്ട് പറയാം എന്ന് പറയുന്നതിന് ദോഷം പക്ഷെ ദോഷം വരും എങ്ങനെ പറഞ്ഞു മനസ്സുകൊണ്ടറിയില്ലേ എല്ലാം വാക്കുകൊണ്ട് പൂർണ്ണമായി പറയാമെന്ന് പറഞ്ഞാൽ ദോഷം വരും എന്താ മനസ്സുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു രീതിയിൽ നമുക്ക് ചുരുങ്ങിയ പക്ഷെ ഇങ്ങനെ പറയാൻ നാത്ത് ഈത്ത് അങ്ങനെയെങ്കിലും വാക്കുകൊണ്ട് പറയാൻ നമുക്ക് പറ്റണം അത് ദോഷമില്ല ബ്രഹ്മത്തിന്റെ വിഷയത്തിൽ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കിന് വിഷയമായി വാക്കിന് വിഷയമാകാൻ പാടില്ല അത് വാക്കുകൊണ്ടാ പറയുന്നു അതൊരു എന്താണ് പറ്റത്തിന് എന്താ പറയുന്നത് വാക്കിന് വിഷയമാകില്ല എന്ന് മനസ്സിലാക്കണം എന്ന് വാക്കുകൊണ്ട് പറഞ്ഞിട്ട് പറയുന്നു അത് വാക്കിന് വിഷയം ഉണ്ടാക്കുന്നു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കണം വാക്കുകൊണ്ട് വിഷയമല്ല എന്ന് വാക്കുകൊണ്ട് പറഞ്ഞിട്ട് അത് വാക്കിന് വിഷയമല്ല എന്ന് ആണ് എഴുതുക എന്ന് പറയുന്നത് ഈ പാവങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനത് പ്രയോഗിച്ചിട്ടുള്ളതാണ് പക്ഷെ പറയുമ്പോഴും എനിക്കറിയാം നമ്മുടെ തൊഴിലല്ലേ അത് ചെയ്യാൻ വേണ്ടി പറയുന്ന അത് മറ്റുള്ളവരുടെ അഭിപ്രായം ഞാൻ ഞാനിത് പറഞ്ഞിട്ടുണ്ടല്ലേ നോക്ക് ഞാനിത് പറയുമ്പോ ഒരിക്കലും യോഗത്തെ കുറിച്ച് ഓർമ്മ ഇത് യോഗിയുടെ അഭിപ്രായമാണ് അദ്വയത്തെ കുറിച്ച് ഓർമ്മ ഞാനിത് ശങ്കരായന്റെ അഭിപ്രായം എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്റെ അഭിപ്രായം ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ നിങ്ങൾക്ക് പ്രോസിക്യൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ഞാൻ പറ്റിയ അത്വയ്യയായിട്ട് ബ്രഹ്മയായിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല ഭാഷ്യകാര അഭിപ്രായം എന്നാണോ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണോ പറഞ്ഞിട്ടുള്ളത് അദ്വീതം നിങ്ങളെ പഠിപ്പിക്കുമ്പോഴെന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇതാണ് ഭാഷക്കാരുടെ അഭിപ്രായം ഞാനിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നെന്താ ബോധമില്ലാ പറഞ്ഞെന്ന് ഞങ്ങൾ വിചാരിച്ചത് ഏ നല്ല ബോധത്തോറുകയാണ് പറഞ്ഞു തുടക്കം പോലെ പറഞ്ഞു ഇത് ഓരോരോ ആചാര്യന്മാരുടെ അഭിപ്രായം ഞാൻ പറയുകയാണ് അത് ഇപ്പോ വാസിഷ്ടമാർക്ക് പറയുമ്പോൾ ഞാൻ എന്താ പറയുന്നത് എഴുതിയാളിന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമാണ് ആൾക്കാർ ചോദിക്കേണ്ടി വരുത്തു സ്വാമിയുടെ അഭിപ്രായം എന്താ എന്റെ അഭിപ്രായം തോന്നുന്നു ഞാനെന്താ ആര് ഞാനാര എന്റെ അഭിപ്രായം ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാള് ഓരോരുത്തരുടെ അഭിപ്രായം ഞാൻ മനസ്സിലാകുന്ന മാത്രമേ ഉള്ളൂ എനിക്ക് പ്രത്യേകിച്ച് കുമ്പം അഭിപ്രായങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു തരുന്നു ഇത് ഇന്ന് ഞാൻ പറയണമെങ്കിൽ എന്ത് വേണം ഞാൻ ഈ ഒരു പുസ്തകം കൂടെ തുമ്പി വെക്കാതെ വെറുതെ വായി തോന്നിയത് പോതെങ്കിൽ പാട്ടോന്ന് തോന്നി എന്റെ മനസ്സ് വരുന്നെങ്കിൽ വിളിച്ചു പറയും എന്ന് പറഞ്ഞാൽ ശരി അങ്ങനെ ഞാൻ പറയാറില്ല അതിന്റെ പുസ്തകം ഇതിനാകുമ്പോഴെങ്കിൽ പുസ്തകം തുമ്പി വയ്ക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ആശയങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സ്വയം കേമനാവാൻ പോകാനാണെങ്കിൽ എനിക്കിതിന്റെ ആവശ്യമില്ല പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ നടക്കുമ്പോൾ ഞാൻ എന്റെ അഭിപ്രായം എനിക്ക് അഭിപ്രായം ഇല്ലാന്നതിനർത്ഥമില്ല പക്ഷെ അദ്വൈതം യോഗം നിശിഷ്ടാദ്വൈതം ഇതെല്ലാം പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അതാത് ആചാര്യന്മാരുടെ അഭിപ്രായം എന്റെ അഭിപ്രായം അത് ഞാൻ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടുതന്നെ ഞാനിപ്പോ ജീവിക്കുന്നത് ഇത് നല്ലതാണ് ഞാനിപ്പോ ജീവിച്ചു പോകുന്നു ഇതൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് കിട്ടുമെന്ന് എനിക്കിതിൽ കൂടുതൽ വേറെ ആഗ്രഹമൊന്നുമില്ല നിങ്ങളൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെ ജീവിക്കുന്നത് നിങ്ങൾ അങ്ങനെയൊന്നും അല്ലാന്ന് നിങ്ങൾ ആൾക്കാരൊന്നും ഭാവിക്കുകയാണ് വേഷമ പറ്റിയിട്ട് എനിക്കങ്ങനെയൊന്നും ഒരു ഭാവമൊന്നുമില്ല നിങ്ങളൊക്കെ എന്തോ വേറെ സ്പെഷ്യൽ സാധനങ്ങളാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് ഞങ്ങൾ എന്തോ ഞങ്ങളുടെ തലയിൽ കയറിയിരിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് ആൾക്കാരെ പറ്റിക്കുന്നു വിചാരിച്ച് ഞാനങ്ങനെ പറ്റിക്കാറില്ല ഞാനിതുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് ഇത് അത് തെളിവുണ്ട് ഞാൻ ഇപ്പോൾ പറയാതിന് മൂന്നു നേരം ആഹാരം പിന്നെ ആഹാരം തെരഞ്ഞില്ല മുക്കോളാൻ പറയും വേണമെങ്കിൽ വണ്ടിക്ക് പോയി അമ്പത് രൂപ ഇപ്പം എത്രയാണ് ഇതിപ്പം നിങ്ങൾ എത്ര പത്തിരുപത് വർഷമായിട്ട് തന്നെ കഴിക്കും എന്തുകൊണ്ടും ഞാനത് പറയുന്നതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് അത് പറയുന്നതന്നെ എനിക്കൊരു മടിയുണ്ട് ഇത് യാതൊരു കൃത്യമാത്രമല്ല പറയേണ്ട കാര്യ നിങ്ങളുടെ ചോദ്യങ്ങളും എന്തെങ്കിലും രണ്ടി വീട് ഇത്തരം ഇതൊന്നും നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഞാനിതൊക്കെ ചിന്തിച്ചിട്ടായി പണിക്കിറങ്ങിയത് നേരത്തെ ചിന്തിച്ചിട്ടിറങ്ങിയതാണ് ഇറങ്ങിയതിന് ശേഷം ചിന്തിച്ചാ ഇറങ്ങിയതിന് ശേഷം ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എന്തിന് ഇറങ്ങുന്നു അതിന് ഇറങ്ങുന്നു ചിന്തിച്ച കാര്യമാണ് അതുകൊണ്ട് ഇത് എന്ന് പറഞ്ഞ വിഷയം എന്താണ് നിങ്ങൾക്ക് ഉദാഹരണങ്ങളിലൂടെ ഉപകളിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഒരു പ്രമാണത്തിലൂടെ ശ്രദ്ധിക്കുന്ന ആ തത്വത്തെ വിശദീകരിക്കുക മറിച്ച് നിങ്ങൾ കഥകൾ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഒരു സിദ്ധാന്തം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ പറയുന്ന ആ കഥയിൽ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആ തത്വത്തിന് വിപരീതമായ ആശയങ്ങളും കിടക്കും ബുദ്ധിയുള്ളവരത് മനസ്സിലാക്കിന് ഈ കഥയിൽ വിപരീത ആശയം പിന്നെ നിങ്ങൾ നമ്മൾ ആരെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ് ആരെയാണ് നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യം ചിന്തിക്കുന്നവരാണെങ്കിൽ പ്രശ്നം ഉണ്ട് ചിന്തിക്കാത്തവരാണെങ്കിൽ പ്രശ്നമുണ്ട് ഇത്രയും അതുകൊണ്ട് കഥകളിലൂടെ തത്വത്തെ സമൃദ്ധിയാവും ഒക്കെ ഇല്ല സമർത്ഥിച്ച തത്വങ്ങളെ കഥകളിലൂടെ നോക്കി ശരിക്കും ോഷം അതാണ് ഇവിടെ ഉദാഹരണങ്ങൾ പറയുന്നതിന് വേണ്ടിട്ട് തിരിച്ചു വരാൻ പാടില്ലെന്നാ പറഞ്ഞത് ഉപമാ പറയുന്ന ഇതാണ് അത് കൂടുതലും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അത് ഇതെന്താണ് ഇതൊരു ദാർശനിക കൃതിയും അതേപോലെ തന്നെ ഒരു സാഹിത്യകൃതിയാണ് സാഹിത്യകൃതി ആയതുകൊണ്ടെന്ന് വരുന്നു ഓരോ ആശയങ്ങൾ പറയുന്നതിനും അതിന് സാദൃഷ് കാണിച്ചു തരാൻ വേണ്ടി പലതരത്തിലുള്ള ഉപമകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടപ്പോ അതെടുപ്പം ഉപ ഒപ്പമ്മ ഇപ്പൊ ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ ശരിക്കും ഒപ്പമ്മയാണ് ഉപമേയ ഇതുപോലെയാണ് വൃക്ഷത്തെ വേദന പറിക്കുന്നത് പോലെയാണ് എന്റെ മനസ്സിനെ മനസ്സ് എന്നെ പറിച്ചെടുക്കുന്ന ഉപമയാണ് അവിടെ എന്താണ് ഒരു സാധാരണ ധർമ്മം ഉണ്ട് രണ്ടിടത്ത് അപ്പോ ചന്ദ്രനെ പോലെ മുഖം എന്ന് പറയുമ്പോൾ ചന്ദ്രനിലും മുഖത്തിലും ഒരു സാമാന്യധർമ്മുണ്ട് അത് അതുപോലെ ഇവിടെ ഒരു സാമാന്യമായ ധർമ്മമുണ്ട് അതിനെ വെളിപ്പെടുത്തിയാണ് എന്താണ് എങ്ങനെയാണോ സമുദ്ര നദിയിലെ തീരത്തിലിരിക്കുന്ന ആ ഉച്ഛം നിരാലംബമായി പതിച്ച് നിസ്സഹായമായി ഒഴുകി നടക്കുന്നു അതുപോലെ തന്നെ മനസ്സിലുന്നു എന്റെ നിയന്ത്രണത്തിലല്ല യാതൊരു പിടിയും അതും ഒഴുകി നടക്കുന്നു അത് ഇവിടെ രണ്ട് വസ്തുക്കളുണ്ട് എന്താണെന്ന് നദി മറ്റൊന്ന് പക്ഷം നദിയായിരിക്കുന്നതും മനസ്സ് അല്ല ഉച്ചമായിരിക്കുന്നതും രണ്ടും മനസ്സിൽ രണ്ട് റോൾ എടുക്കുന്ന മനസ്സിൽ ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിൽ നിന്നാണ് ഒരാൾ നിരന്തരം ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിരുന്നെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഒരു കേരളം പിന്നെ മനസ്സെന്ന് പറയുമ്പോൾ ആത്യന്തികമായി നമ്മൾ എന്നെ എവിടെ കൊണ്ട് ില്ല അതുപോലെ പോകുന്നു അതെപ്പോഴും പറഞ്ഞാൽ ഒരു രസമില്ല അതുകൊണ്ട് ഞാന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഇതുവരെ കേട്ട് ജീവിച്ച ഭാഷ കേൾക്കുമ്പോൾ ഇതൊക്കെ മനസ്സിന്റെ പ്രവർത്തനം മനസ്സാണെന്ന് ഈ ഓരോ ഉപകരണം മനസ്സിന്റെ നിസ്സഹായ അവസ്ഥ മനസ്സിന്റെ വൈഷമ്യാവസ്ഥ അതിലൂടെ വ്യക്തിക്ക് സംഭവിക്കുന്ന അസ്വസ്ഥത അതൊക്കെ വെളിപ്പെടുന്നു മനസ്സ് അസ്വസ്ഥമായ അത് മനസ്സെന്ന് പറയുന്ന മനസ്സിൻ്റെ ഒരു പ്രൈവസി അതാ വ്യക്തിയുടെ തകർച്ചയാണ് അവിടെ തന്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ താൻ എന്ന് പറയുന്ന മനസ്സ് തല്ലാം തകർന്നുള്ള മനസ്സ് നേരെയായി കഴിഞ്ഞാൽ താൻ രക്ഷപ്പെടണം ഇത് നൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞ പോലെ നൂറ് ശതമാനം മനസ്സിൻ്റെ കയ്യിലാണ് വേറെ ഒന്നിനും ഇവിടെ പറയാനില്ല പിന്നെ ആ മനസ്സിനെ സ്വാധീനിക്കുന്ന സാഹചര്യങ്ങളാണ് പുറമെയുള്ള എല്ലാം നമ്മുടെ ചുറ്റുപാടുകൾ ഇതൊക്കെ അതിനെ സ്വാധീനിക്കുന്നതോന്നെയാണ് ആത്യന്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സ് തന്നെ അക്കാര്യത്തിൽ പക്ഷെ ഇതിനെ എങ്ങനെ ശരിയായി കൈകാര്യം ചെയ്യാം ഇതിലൊരു ഒറ്റമൂലി ഇതുവരെ മനുഷ്യനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് മനുഷ്യന് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് മനസ്സിന് ശരിയാക്കി എടുക്കാവുന്നവരൊറ്റമൂലി അതും ആരുടെ കയ്യിൽ ഒരു ഗുരുക്കന്മാരും കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു ഡോക്ടർമാരും കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നമ്മുടെ മനസ്സിന്റെ വ്യത്യാസം കീഴ്പെടുന്ന ഒരു മനസ്സാണെങ്കിൽ നമ്മുടെ മനസ്സ് സന്നദ്ധമായാൽ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ പറ്റും നമ്മുടെ ആജീവനാന്തം അടിമയാക്കി വെക്കാൻ പറ്റും സാധാരണ പറയുന്ന കാര്യം അത് നമുക്ക് സ്വയം മനസ്സിലാക്കാമുള്ള കാര്യമാണ് മനസ്സിലാകുക എന്നുള്ളത് വേറൊരാൾ പറഞ്ഞിട്ടേണ്ട കാര്യമാണ് പല കാര്യങ്ങളും സ്വയം മനസ്സിലാക്കുന്നു അപ്പോ മനസ്സിന്റെ അടിമത്വം അങ്ങനെ സംഭവിക്കുന്നു കഴിഞ്ഞാൽ അത് മനസ്സിന്റെ ഒരു പ്രത്യേകത വന്നുകൊണ്ടാണ് ഞാൻ ഒരിക്കലും ഉദാഹരണം പറഞ്ഞിട്ടുണ്ടോ ഹിപ്നോട്ടൈസ് എല്ലാ മനസ്സിലും ചെയ്യാൻ പറ്റില്ല അപ്പോ അത് എന്താണ് പറ്റില്ല ബ്ലാക്ക് മെയിൽ എല്ലാ മനസ്സിലും നടക്കത്തില്ല അപ്പോൾ ചില മനസ്സിനെ നമുക്ക് കീഴ്പ്പെടുത്താനും ആ ജീവനാന്തമാ മനസ്സിനെ കൈവരിക്കാനും കഴിയും കഴിവുള്ള അതാണ് രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ് മറ്റുള്ളവരെ അവരുടെ ആശയത്തിനനുസരിച്ച് നടത്തിക്കുന്നു അവര് അസ്വതന്ത്ര അവര് അതാണ് നമ്മൾ പറയുന്നത് രാഷ്ട്രീയ അടിമ ഗണങ്ങൾ എന്ന് പറയുന്നത് അവരെ മുന്നും പിന്നിലും ചിന്തിക്കാതെ അതിൻ്റെ പിന്താന അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്ന അവരല്ല തിരിച്ചറിയുന്നില്ല അതാണ് മനസ്സിൻ്റെ ശരിയായ അടിമത്തം എന്ന് പറയുന്നത് ഏതോ ഒരാളുടെ ഒരു ലാക്രിയത്തിൽ ആ രീതിയിൽ തന്നെ അയാൾ മാറ്റിയെടുക്കുന്നു അവിടെ ഓരോരുത്തരത്തിലും അയാളെ തന്നെ സ്വതന്ത്രനാക്കാൻ സഹായിക്കത്തില്ല ആത്മീയത എന്ന് പറയുന്നത് മനസ്സിനെ സഹായിക്കുന്ന ആയിരിക്കണം മനസ്സിനെ അടിമയാക്കാൻ സഹായിക്കുന്നായിരിക്കണം അവൻ എല്ലാ അർത്ഥത്തിലും അവൻ സ്വതന്ത്രനാകുന്നതിനെയാണ് ആത്മീയത ആത്മീയത കൊണ്ടേ സാധിക്കും അവിടെ അടിമൊക്കെ ശരിക്കുള്ള അടിമക്കച്ചവെന്ന് പറയുന്നത് മനുഷ്യനെ വില കൊടുത്ത് വാങ്ങുകയും വിക്കുകയും ചെയ്ത പഴയകാലത്ത് നടത്തിരുന്ന കാര്യമല്ല മനസ്സിന്റെ കറയോ മനസ്സിനെ അധീനമാകുന്നതിലൂടെ മറ്റങ്ങനെയല്ല നിങ്ങളൊരു മനുഷ്യനെ ചങ്ങലക്കെ ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തെ ചങ്ങലയ്ക്കിടാൻ പറ്റും മനസ്സിനെ ചങ്ങലക്കിടാൻ പറ്റും മറിച്ച് അങ്ങനെയാണ് നിങ്ങളൊരാളുടെ മനസ്സു തന്നെ കഴിഞ്ഞാൽ ശരീരത്തിൽ ചങ്ങനെ കിടന്ന കാര്യമില്ല തനിക്ക് അധീനമാണ് ആ മനസ്സെങ്കിൽ തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ആ ശരീരം ജനിക്കത്തുള്ളൂ അവിടെ ആത്മീയത എന്ന് പറയുന്നത് നഷ്ടപ്പെടും ആത്മീയത ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൽ കഴിക്കണം ശരിയായ സ്വാതന്ത്ര്യത്തിൽ അതാണ് അതിന്റെ വ്യത്യാസം നമ്മുടെ മനസ്സിന് എപ്പോഴും സ്വാതന്ത്ര്യ ഇച്ഛം അതാണ് മോക്ഷത്വം അതുകൊണ്ടാണ് നമ്മൾ ആത്മീയത ആ മോക്ഷത്തോടെ നമ്മൾ അങ്ങനെ തിരിയുന്ന മനസ്സെന്തെയ്യണം ആ സ്വാതന്ത്ര്യത്തെ കണ്ടെത്തുക അത് ആത്മീയതയോടെ കണ്ടെത്താൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യനുള്ള ഉള്ളിടത്തോളം കാലം അത് നിലനിർത്തുന്നത് അത് അത് തന്റെ സ്വാതന്ത്ര്യം താൻ അനുഭവിക്കുന്ന കാര്യമാണ് വേറെ ആൾ തരുന്നതോ വേറെ ആളിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്നു തന്റെ സ്വാതന്ത്ര്യത്തിൽ താൻ തന്നെയാണ് അതാണ് ആത്മീയതയിൽ ഒരാള് ആത്മീയത കൊണ്ട് നേടിയെടുക്കേണ്ടത് അപ്പോ ഇവിടെ പറയുന്ന ആ ഉദാഹരണം പറയുമ്പോഴാണ് ഇത്രയും കഴിഞ്ഞ വർഷത്തോട് വാസ്തവത്തിൽ നിങ്ങൾ എന്താണ് സ്ഥിതാഭ്യതകളെ പോലെ ഇങ്ങനെ ഇരുന്ന് ഇത് കേൾക്കാതെ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചാലേ എനിക്കെന്തെങ്കിലും പറയാനുള്ള അവസരം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇത് മൊണോട്ടസ് ആയി ഇങ്ങനെ പോയിക്കൊണ്ടേ കുറച്ചുപേര് പറഞ്ഞു കുറച്ച് പേര് അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും ആ ചോദ്യം കുറച്ച് രൂക്ഷമായ പ്രശ്നമൊന്നും ചോദിക്കാൻ തയ്യാറാവുന്നുണ്ടോ എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കണമെങ്കിൽ ചോദ്യം ഇന്ന് അവരെ വേറെ ഏതെങ്കിലും നിബന്ധന